Thank you. ക്ഷരമം തോയാഷ്യോത്രീതം തദ്യോങ്ക ചതുഷ്പാത് ജരിതസ്ഥാനോസോനവിംശതിമുഖസ്തുലഭവൈശ്വാനര പ്രഥമ പദ സ്വപ്നസ്ഥാനോന്ധ പ്രേകോനവിശതി മുഖസോ യുക്തോനം പശ്യതി തഷുക്തീത പ്രജ്ഞാനഘന എനന്ദമയൂഷ്യാനന്ദഭുക്ച്ഛേദോ മുഖപ്രതൃതീയപ ന്തയാമീഷ യോനി പ്രഭവാപ്യൂഹി ഭൂത പ്രജ്ഞം നേദ പ്രജ്ഞം ന പ്രം നദൃശ്യമ്യവഹാര്യമ്രാഹ്യം അനക്ഷണ അച്ഛന്തിവദേശിം ഏകാമ പ്രസാരം പ്രപഞ്ചോ ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മഞ്ഞന്ദേശ ആത്മാേഹ ജാഗരസ്ഥാനോ വൈശാറോ അഥമാ മാത്രേരാധിമത് ആപ്നോതിഹ വൈ സർവാൻ കാതിഷവേ സ്വപ്നസ്ഥനത്തൈജസ ഉോ ദ്യാത്ര ഉത്കർഷ ലോഭയ ഉത്കർഷനിഹ വൈ തിമാനശ്ചോതി നബ്രഹവിദുക്തസ്ഥാനോ മകാലൃത്ത മാത്ര മിരപീർ മനോരിഹവാ ഇതം मेदा മാത്രോഹോപശമശോ അദ്വൈതാര ആത്വ സംവിശതി आत्मना ആത്മാനം യം मेदा Male ങ Adams JB REY ച guidelines ന tweeted,好了 ച edibleabaed റൟ 벤 volleyball army ൃ sociedad week funny gli advice will be of yapNS ന് evangelical course 1 കറനേ വദ Hudson's 10ニade fund, ന്ന്uros rouge d большое количество Interestingly, i am a branch ofetus in the first time 1, jon internet أي continuar നിശ്ചയം ചോദിക്കുകയാണ് ശ്രുതി എന്താണ് പറയുന്നത് യുക്തി പറഞ്ഞ നേരത്തെ യുക്തിയിലൂടെ ചോദ്യപരിഹാരത്തിലൂടെ യുക്തിയിലൂടെ ഈ തത്വത്തെ നിശ്ചയിച്ചു പക്ഷെ അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഇവിടെ പ്രാധാന്യം ശ്രദ്ധിക്കാം അതുകൊണ്ട് ശ്രുതിയുടെ നിശ്ചയം എന്താണ് ശ്രുതി അവസാനമായി പറയുന്നത് ഈ വിഷയത്തെ എന്താണ് അതാണ് പ്രമാണം അത് മാത്രമേ പ്രമാണമായിട്ടുള്ളൂ യഥി ഭൂതദേവ സൃഷ്ടി സ്യാദ് സത്യമേവ നാനാ വസ്തു തദാഭാവ പ്രദർശനായ അർത്ഥ ആമനായു നസ്യാർത്ഥം വാസ്തവത്തിൽ സൃഷ്ടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരമാർത്ഥം പ്രതീതി എന്നുള്ള നിലയ്ക്ക് സൃഷ്ടി നിലനിൽക്കുന്നു അതിവിടെ നേരത്തെ ചോദ്യം വന്നത് വാസ്തവത്തിൽ സംഭവിച്ച ഒരു സൃഷ്ടിയാണോ പ്രതീതമാകുന്നത് അങ്ങനെയല്ല അങ്ങനെ വാസ്തവത്തിൽ സംഭവിച്ച ഒന്നല്ല വാസ്തവത്തിൽ സംഭവിക്കാത്തതും പ്രതീതമാകാം അനുഭവത്തിന് വിഷയമാകാം അത് വാസ്തവത്തിൽ സംഭവിച്ചാണെങ്കിൽ ശ്രുതി എന്താണ് നേഹനാനാ എന്ന് പറയത്തില്ലായിരുന്നു എന്നാണ് സത്യമേവോ നാനാ വസ്തുവിധി അപ്പോ കാണുന്ന പ്രപഞ്ച സത്യമായിരിക്കും എന്ന് പറയുന്നത് നിഷേധാർത്ഥത്തിലാണ് നിഷേധത്തിലൂടെ എന്തിനാണ് ഒരു വസ്തുവിന്റെ അഭാവത്തെ ഇല്ലായ്മയെ ബോധിപ്പിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ ഇല്ലായ്മയെ ബോധിപ്പിക്കുകയാണ് പ്രപഞ്ചം അനുഭവ വിഷയമായിരിക്കെ ശ്രുതി അതും പ്രപഞ്ചത്തിന്റെ ഭാവ ഭാഗമാണ് പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതെന്നാണ് ശ്രുതി അതിനങ്ങനെ പ്രപഞ്ചത്തിന്റെ അഭാവത്തെ ബോധിപ്പിക്കാൻ പറ്റും അതിനുള്ള ആ ഒരു സാമർഥ്യമാണ് ഈ വരത്തില്ല ഏതുപോലെയാകും നാക്കുകൊണ്ട് നാക്കില്ല എന്ന് പറയുന്നതുപോലെയാവും അതിന് സമാനം പറയുന്നു പ്രപഞ്ചത്തിൽ ഇല്ലായ്മ എന്ന് പറയുന്ന എന്താണ് അത് പരമാർത്ഥത്തിൽ ഇല്ല എന്നാണ് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ അത് അനുഭവപ്പെടുന്നില്ല എന്നല്ല ശ്രുതി പറയുന്നത് കൊണ്ട് പരമാർത്ഥത്തിൽ അതില്ല തന്നെ കഥാഭാവ പ്രദർശനാർത്ഥ ആംനായു വേദം അശ്രുതി അതിന്റെ ഇല്ലായ്മയെ ബോധിപ്പിക്കില്ലായിരുന്നു അശ്രുതി ഇല്ലായ്മയെ ബോധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത് പരമാർത്ഥത്തിലില്ല അസ്തികേഹം നാനാസ്തിക്കിഞ്ചന ഇത്യാദി രാമനായോ ദ്വൈത അഭാവ ദ്വൈതഭാവ പ്രതിഷേധാർത്ഥ ദ്വൈതഭാവത്തെയാണ് നിഷേധിക്കുന്നത് രാമനായ വേദം നാനാസ്തി എന്ന് പറയുന്നത് അദ്വൈതഭാവം എന്ന് പറയുന്നത് എന്താണ് ഏകമായിരിക്കുന്ന പരമാർത്ഥ വസ്തുവിന്റെ ദ്വൈതഭാവം അദ്വൈതത്തിന്റെ അദ്വൈതഭാവം അത് സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഒരു അനുഭവത്തെയും ശ്രുതി നിഷേധിക്കുന്നില്ല അതുകൊണ്ടാണ് ശ്രുതിക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവത്തിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഒരു അംശമായി നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നിഷേധിക്കാൻ കഴിയുന്നു അമനായും വേദം അമനായതേ അധ്യയനം ചെയ്യുന്നത് കൊണ്ട് അവന് വേദമൊന്ന് പേരുന്ന് അമ്മനായെന്ന് വെച്ചാൽ അധ്യയനം ചെയ്യുക വേദം അധ്യയനം ചെയ്യുന്നു അതുകൊണ്ട് അവന് അമ്മനായൊന്ന് പേരുവദ്വൈത ഭാവത്തെയാണ് നിഷേധിക്കുന്നത് അദ്വൈതത്തിന്റെ ദ്വൈതഭാവത്തെ തസ്മാത്മീകത്വ പ്രതിപത്യാർത്ഥ കൽപിത സൃഷ്ടിയിൽ അഭൂത പ്രാണസംവാദവദം ശ്രുതി ബോധിപ്പിക്കുന്നതല്ല സത്യം തന്നെ പക്ഷെ സത്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ശ്രുതി കൽപ്പിതമായ കഥകളെയും പറയും പ്രാണസംവാദം അതിനൊരുദാഹരണം മാത്രം ഇന്ദ്രിയങ്ങളെല്ലാം മഴ കൂടി ശ്രേഷ്ഠൻ അസനം പ്രാണൻ അതിലിടപെട്ടു അവർക്ക് ബോധ്യമായി തങ്ങളല്ല വലുത് പ്രാണനാണ് അതാണ് പ്രാണസംവാദം ശ്രുതി പല ഭാഗത്തും വരുന്നതാണ് പറയുന്നത് എന്താണ് അങ്ങനെയെല്ലാം ഒരു സംഭവം നടന്നു വസ്തുനിഷ്ഠമായി അതിനെ ബോധിപ്പിക്കുകയല്ല ഇതിൽ ശ്രുതി തന്നെ എന്തു ചെയ്യുന്നു പ്രാണത്തിന്റെ ശ്രേഷ്ഠതയെ ബോധിപ്പിക്കാൻ വേണ്ടി കാൽപ്പനികമായ ഒരു കഥയെ അതുപോലെ സത്യത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ശ്രുതി കാൽപ്പനികമായ കാര്യങ്ങൾ പറയാറുണ്ട് ഇവിടെ സത്യം എന്താണ് ആത്മീകത്വം അദ്വൈതത്തിലെ സത്യം എന്ന് പറയുന്ന ആത്മീയത്വമാണ് ഭേദത്വം നിഷേധിക്കുകയാണ് ജീവ ഈശ്വര ജഗത്ഭേദത്തെ നിഷേധിക്കുകയാണ് അതാണ് ആത്മീകത്വം അതിന്റെ പ്രതിപദ്ധ്യം ജ്ഞാനം തദർത്ഥം അതിനുവേണ്ടി സൃഷ്ടി കൽപ്പിച്ചിരിക്കും അത് എന്താണ് ചോദിക്കും സൃഷ്ടി അങ്ങനെയൊന്നും പരമാർത്ഥത്തിലില്ല പരമാർത്ഥത്തിന്റെ ആത്മീകത്വമാണെങ്കിൽ എന്തിനീ സൃഷ്ടിയെ വർണ്ണിക്കണം സൃഷ്ടിയുടെ ഉത്പത്തി യഥോവായുമാനി ഭൂതാനു ജായന്തി ജാത ജീവന്തി ധി അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം പറയുന്നു ഇല്ലാത്ത ഒന്നിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്തിനു പറയുന്നു കാരണം ജീവന് പ്രപഞ്ചാനുഭവം അതുകൊണ്ട് അവൻ ഈ പ്രപഞ്ചത്തിൽ ഉൾപ്പെട്ടുപോയി അതവന്റെ അനുഭവമാണ് അതും സത്യമായ അനുഭവം പരമാർത്ഥത്തിൽ അത് സുരീ എന്റെ ചിത്തസ്പന്ദനമാണെങ്കിലും ജീവന്റെ അനുഭവമാണ് അവനാ പ്രപഞ്ചത്തിൽപ്പെട്ടിരിക്കുന്നു അപ്പോ അതിനെ അവലംബിക്കാതെ അവന് ആത്മീകത്വ പ്രതിപത്തി പരമാർത്ഥബോധം ഉണ്ടാകത്തില്ല അതുകൊണ്ട് അവന്റെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനെ അനുവദിച്ചുകൊണ്ട് ആത്മബോധത്തെ ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അല്ലാതെ സൃഷ്ടി എന്താണെന്ന് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് സൃഷ്ടിയെക്കുറിച്ച് ശ്രുതിക്ക് ഒന്നേ ബോധിപ്പിക്കാനുള്ളൂ അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല അതിനുവേണ്ടി സൃഷ്ടിയെ വർണ്ണിക്കുകയാണ് കാരണം സൃഷ്ടി അനുർവചനീയെന്നാണ് പറയുന്നത് ശ്രുതി അനുർവചനീയ സൃഷ്ടിയെക്കുറിച്ച് എന്ത് ബോധിപ്പിക്കാനുള്ള ഒന്നും ബോധിപ്പിക്കാനില്ല പക്ഷെ ഒന്നും ബോധിപ്പിക്കാനുള്ള എന്താണോ ആത്മീയത്വം അതിലൂടെ അത് ബോധിപ്പിക്കണം ഒരു രൂപീയത് പലതവണ ഭാഷകാരൻ ആവർത്തിക്കുന്ന ഒരു സ്തുതിയാണ് അവിടെ എന്താണ് മായയാൽ എന്ന പറഞ്ഞത് മായ കൊണ്ട് ആ ഇന്ദ്രൻ തന്നെ പല രൂപത്തെ പ്രാപിച്ചു അവിടെ എന്താണ് അഭൂതാർത്ഥ പ്രതിഭാതകൾ മനുഷ്യന് പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തെ ബോധിപ്പിക്കുകയാണ് അവിടെ സൃഷ്ടിയെ മായ കൊണ്ട് ബോധിപ്പിച്ചു മായാ കാര്യമാണെന്ന് പറഞ്ഞു അപ്പൊ സൃഷ്ടിയുടെ ഉത്പത്തിസ്ഥിതി നാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ സൃഷ്ടി മായ എന്ന് പറയുമ്പോൾ എന്താണ് സൃഷ്ടിയുടെ സ്വരൂപമെന്നറിയും മായാശബ്ദത്തിൽ നിന്നത് സ്പഷ്ടമാണ് ഇവരുടെ സൃഷ്ടിയെ മറ്റ് ഏതെങ്കിലും തരത്തിൽ ബോധിപ്പിക്കുന്നതിന് ശ്രുതിക്ക് താല്പര്യമില്ല അവിടെ ചോദിക്കുന്നുണ്ടെന്നു പ്രജ്ഞാവചനോ മായാശബ്ദ നിരുക്ത നിഘണ്ടുക്കളും മായാശബ്ദത്തിന് പതിനൊന്ന് പേരുകൾ പറയുന്നുണ്ട് പതിനൊന്നാണ് അതിലൊന്നാണ് പ്രജ്ഞയുടെ അർത്ഥമായിട്ട് മായ പറയുന്നത് മായയുടെ പര്യായങ്ങളായി പറയുന്നു എന്നുവെച്ചാൽ പ്രജ്ഞ പ്രജ്ഞയുടെ പര്യായമായിട്ടാണ് മായ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പം നിങ്ങൾ മായയ്ക്ക് എന്തർത്ഥം പറഞ്ഞു ഇന്ദ്രജാലം ബുദ്ധി എന്ന് പറയുന്നതിന്റെ മതി എന്നെല്ലാം പറയുന്നതുപോലെ ഒരു ശബ്ദമാണ് മായ എന്ന് പറഞ്ഞാൽ അപ്പോ പ്രാമാണികരായ ആ ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ പൂർവാചാര്യ സമ്മതമായ അർത്ഥത്തെ സ്വീകരിച്ചേ പറ്റൂ വേദത്തിന്റെ ർത്ഥം മനസ്സിലാക്കുന്നതിനും ഏത് ശബ്ദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിനും നിഘണ്ടും നിരുക്കം സ്വീകരിച്ചേ പറ്റൂ അപ്പൊ അതിന് ഇല്ലാത്തൊരർത്ഥം നിങ്ങളങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ സ്വീകരിക്കത്തില്ല നമുക്ക് നമ്മുടെ അപോലകൽപിതമായ ഏതർത്ഥവും ഏത് ശബ്ദത്തിനും പറയാം പക്ഷെ അന്നങ്ങനെയല്ല ഇത് കേൾക്കുന്ന വിദ്വാൻമാരാണോ അറിവുള്ളവരാണോ അവർ ചോദ്യം ചെയ്യും ഈ ശബ്ദത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരർത്ഥം പറഞ്ഞു ഇല്ലാത്ത ഒരർത്ഥം പറഞ്ഞിട്ട് നിങ്ങളൊരു കല്പിതമായൊരു സിദ്ധാന്തത്തെ ഉണ്ടാക്കിയാൽ അതാരും അംഗീകരിക്കത്തില്ല ഇന്ന് സമൂഹത്തിന് വിവരമില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്തും പറയാം പണ്ടങ്ങനെ ആയിരുന്നില്ല അന്നത് കേൾക്കുന്നത് ശൂദ്രന്മാരായിരുന്നില്ല ബ്രാഹ്മണന്മാരായിരുന്നു ഇന്നത് കേൾക്കുന്നതല്ല ശൂദ്രന്മാരായിരുന്നു അവിടെ ആർക്കും എന്തും അതുകൊണ്ടുകൂടെ ചോദ്യം ചെയ്യുന്നു പ്രജ്ഞ എന്നാണ് മായാശബ്ദത്തിന്റെ അർത്ഥം എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു മായ എന്ന് പറഞ്ഞു ഇന്ദ്രചാരം എന്നുള്ള അർത്ഥം എന്തുകൊണ്ട് പറഞ്ഞു അതുപോലെ അനുസൃഷ്ടിത് എന്തുകൊണ്ട് പറഞ്ഞു പറയുന്നു സത്യവും പറയുന്നു ശരിയാണ് പൂർവാചാര്യന്മാരെ ഞാൻ അംഗീകരിക്കുന്നു അവരുടെ വാക്കുകൾ ശരിയാണ് പക്ഷെ വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി എവിടെയെങ്കിലും ഒരു സംശയം വന്നാൽ അത് വ്യാഖ്യാനത്തിലൂടെ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കണമെന്നും അവര് തന്നെ പറഞ്ഞിട്ടുള്ളത് നിരുത്തങ്ങളിൽ നാനാർത്ഥങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടത് ശരിയാണ് പക്ഷെ എന്തുകൊണ്ട് ആ പദത്തെ വിശകനം ചെയ്ത് മനസ്സിലാക്കണം അവിടെ എന്തുകൊണ്ട് ബുദ്ധിയുടെ പര്യായമായും മായാചരിതത്തെ പറഞ്ഞു ഇവിടെ എന്തുകൊണ്ട് അത് ഇന്ദ്രജാലം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്നു അത് വിശദീകരിക്കുകയാണ് ഇന്ദ്രിയ പ്രജ്ഞായ പ്രജ്ഞായ അവിദ്യ മയത്വേന് മായ അഭ്യുപുമാർ അദോഷ പറയുന്നു പ്രജ്ഞ എന്ന് പറഞ്ഞാലും അത് മായ തന്നെ നമ്മുടെ അറിവ് എന്ന് പറയുന്നു മായ തന്നെ അതും ഇന്ദ്രജാലം തന്നെ എന്തുകൊണ്ട് ഈ അറിവിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രകാശിക്കുന്നത് പ്രപഞ്ചം അനുഭവപ്പെടുക മാത്രമല്ല അതാണ് പരമാർത്ഥം എന്ന് അനുഭവപ്പെടുകയും ചെയ്യുന്നത് ഈ അറിവിലൂടെ പരമാർത്ഥമല്ലാത്ത ഒന്ന് പരമാർത്ഥമായി അനുഭവപ്പെടുന്നത് മായ എന്ന് പറയുന്നു അത് തന്നെ ഇന്ദ്രജാലം അതെവിടെ സംഭവിക്കുന്നു ഈ അറിവിൽ സംഭവിക്കുന്നു മറ്റൊരു പേരിൽ പറഞ്ഞാൽ ഈ മനസ്സിൽ സംഭവിക്കുന്നു ഇപ്പൊ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ മനസ്സ് തന്നെ മനസ്സെന്ന് പറഞ്ഞാൽ അത് തന്നെ മായ മനസ്സിന് അപ്പുറം മായ എന്ന് പറയുന്ന വേറെ സാധനമില്ല അതിനെ തന്നെയാണ് പറയുന്നത് ഈ മനസ്സിന് അതിനുള്ള ശക്തി ഉണ്ടല്ലോ പരമാർത്ഥമല്ലാത്തതിനെ പരമാർത്ഥമെന്ന് ബോധിപ്പിക്കുന്നതിന് ശക്തിയുണ്ട് അതിനാണ് മായ എന്ന് പറയുന്നത് ഇന്ദ്രജാലത്തിനും അതാണ് സംഭവിക്കുന്നത് ഇന്ദ്രജാലക്കാരൻ പരമാർത്ഥമല്ലാത്തതിനെ പരമാർത്ഥമെന്ന് ബോധിപ്പിക്കുന്നു ആ ശക്തിയാണ് നമ്മൾ ഇന്ദ്രജാലം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് മനസ്സ് ചലിക്കുമ്പോൾ ഇന്ദ്രജാലം ആരംഭിക്കുന്നു അത് തന്നെ അതിനെ തന്നെ പ്രജ്ഞ എന്ന് പറയും അതുകൊണ്ട് പ്രജ്ഞയുടെ പര്യായമായി മായാശബ്ദം പറഞ്ഞാലും ഈ അർത്ഥം തന്നെ വരും അപ്പോ അറിവാണ് മായ ഇന്ദ്രജാലമെങ്കിൽ അറിവാണ് പരമാർത്ഥമെന്നും പറയും ജ്ഞാനം ആത്മ ബ്രഹ്മ ഇതൊക്കെ പര്യായ പദങ്ങളാണ് അറിവിനെ തന്നെ പരമാർത്ഥമെന്നും പറയും അതിനടുത്ത് പറയും മനസ്സ് നിഷ്പന്ദയാൽ അത് സത്വപരമാർ അതേ മനസ്സ് തന്നെ സ്പന്ദിക്കുമ്പോൾ അത് മായൻ മനസ്സിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ജീവഭാവം വരുന്നു ജീവന് പ്രപഞ്ചബോധം വരുന്നു പ്രപഞ്ചത്തിൽ സത്യത്വബോധം വരുന്നു സംസാരം അനുഭവപ്പെടുന്നു ജനന മരണങ്ങളും മോക്ഷവും ബന്ധവും എല്ലാം അനുഭവപ്പെടുന്നു ഇതെല്ലാം മനസ്സിലൂടെ അനുഭവപ്പെടുന്നു ഈ അവസ്ഥയിൽ ആ മനസ്സ് തന്നെ മായ അത് തന്നെ പ്രജ്ഞ അതിനെ തന്നെ അറിവെന്ന് പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെ അവണിനി അടുത്തു വരുന്ന ഭാഗത്തിൽ പറയും ആ മനസ്സിന് തന്നെ ഒരു നിഷ്പന്താവസ്ഥയാണ് തുരിയൻ നിൽക്കുക അവിടെ മായ മാറി മനസ്സടങ്ങി എന്ന് പറയും അത് പരമാർത്ഥം അതുകൊണ്ട് ഈ അറിവിനെ അല്ലെങ്കിൽ ഈ മനസ്സിനെ തന്നെ രണ്ടായും പറയും മായയായിട്ടും പറയും പരമാർത്ഥമായിട്ടും പറയും അതിനെങ്ങനെ പരമാർത്ഥമാകാൻ പറ്റുന്നു പറഞ്ഞത് ആ പരമാർത്ഥ വസ്തുവിനോട് അനന്യമാണ് അതുകൊണ്ട് അത് പരമാർത്ഥം തന്നെ എന്നാൽ അത് തന്നെ ഈ ഇന്ദ്രജാലത്തെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അത് മായുമാണ് അതുകൊണ്ട് ഓരോ സന്ദർഭങ്ങളിൽ ഇതിനെ വിപരീതമായ അർത്ഥങ്ങൾ പറയും ഇത് അവിദ്യാമയമാണ് എന്നുവെച്ചാൽ മായാമയമാണ് അതുകൊണ്ട് മായാത്വ അഭ്യുഗം ഈ അറിവിനെ ഈ മനസ്സിനെ തന്നെ മായ എന്ന് പറയും അധോഷഹ അതുകൊണ്ട് നീ കണ്ടു പറഞ്ഞിരിക്കുന്നതും ഇവിടെ ഇപ്പം ഞാൻ പറയുന്നതും തമ്മിൽ യാതൊരു വിരോധവുമില്ലാഭി അവിദ്യാഭിഭി മായകൊണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് ഇന്ദ്രിയപ്രജ്ഞ എന്ന് പറയുമ്പോൾ ഇന്ദ്രിയജന്യമായ പ്രജ്ഞ ഇന്ദ്രിയാർത്ഥ സന്നികർഷം കൊണ്ട് ഇന്ദ്രിയവും വിഷയവും തമ്മിലുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്ന ഈ പ്രജ്ഞ ആ പ്രജ്ഞ കാര്യമാണ് ഉണ്ടാക്കപ്പെട്ടതാണ് ഇന്ദ്രിയങ്ങളും വിഷയവുമായിട്ടുള്ള സംബന്ധമില്ലെങ്കിൽ ഈ പ്രജ്ഞയില്ല സുഷുപ്തി പോലെ അവിടെ ഇന്ദ്രിയവും വിഷയങ്ങളുമായിട്ടുള്ള ബന്ധമില്ല അവിടെ പ്രജ്ഞയുമില്ല അവിടെ പോയി നമ്മൾ പ്രജ്ഞ അറ്റുപോയിരുന്നു അവിടെ പക്ഷെ ചേതന നിലനിൽക്കുന്നുണ്ട് പ്രജ്ഞ സ്പന്ദിക്കാതെ ചേതനൻ മാത്രമായി നിലനിൽക്കുന്നു അതാണ് മരിച്ചുപോ ഇവിടെ അവദ്യാരൂപത്തിലുള്ള പ്രജ്ഞ അവിടെ ഇല്ല കാരണം അത് സ്പന്ദിക്കാത്തതുകൊണ്ട് അവിടെ അസ്പന്ദമായ അവസ്ഥയാണ് ജാഗ്രതത്തിലേക്ക് വരുമ്പോഴോ ഇന്ദ്രഹ മായാഭി എന്ന് പറയുന്നതാണ് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ആ ഇന്ദ്രൻ തന്റെ ഈ പ്രജ്ഞയാകുന്ന മായ കൊണ്ട് തന്റെ മനസ്സാകുന്ന മായ കൊണ്ട് ഇതെല്ലാം അനുഭവിക്കും അത് ഇതിനെല്ലാം സത്യവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതിന് കാരണം അവിദ്യ അതാണ് അവിദ്യാരൂപാധി എന്ന് പറഞ്ഞത് അതുകൊണ്ട് മായയും മനസ്സും പ്രജ്ഞയും മറിവും ഇതെല്ലാം ഒന്നു തന്നെ ഇത് പലതല്ല എന്നാണ് അജായമാനോ ബഹുധ ഇതിനെത്രുതി വേണമെങ്കിലും ഉദാഹരിക്ക അവൻ അജായമാനനാണോ അവൻ ജനിക്കുന്നവനല്ല ജനിച്ചുകൊണ്ടിരിക്കുന്നവനല്ല എന്നും ജനിച്ചു മരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവൻ ജനിച്ചുകൊണ്ടിരിക്കുന്നവനല്ല എന്നിരിക്കലും ബൗധാ വിജയതയെ പലതരത്തിൽ അവൻ ജനിച്ചുകൊണ്ടിരിക്കുന്നു ജനിക്കാതിരിക്കുന്നവൻ തന്നെ സദാ ജനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ അവനെ ഉത്പത്തി സംഭവിക്കുന്നില്ലെങ്കിലും ഈ മായ മനസ്സുകൊണ്ട് ഉൽപ്പത്തിയുടെ അനുഭവം തളർന്നുകൊണ്ടേയിരിക്കുന്നു ജീവന്മാർ തന്റെ ഉത്പത്തിയെക്കുറിച്ചും പ്രപഞ്ച ഉൽപ്പത്തിയെക്കുറിച്ചും അവൻ അറിയുന്നു അത് പരമാർത്ഥമല്ലെന്ന് തസ്മ മായ ഇവ ജായതീ ദുസ്സ അതുകൊണ്ട് ഈ മനസ്സ്പന്ദനം കൊണ്ടാണ് അവൻ ജനിക്കുന്നത് മനസ്സ്പന്ദനം തന്നെ അവന്റെ ജനനം നിശബ്ദോ അവധാരണാർത്ഥ അത് ഓർപ്പിച്ച് പറയാൻ വേണ്ടി പറയുന്നത് മായ ഈ വയനും മറ്റൊരു കാരണവുമില്ല അടുത്തിനി പറയുന്നതിനൊരു കാരണമേ നമ്മൾ സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കുകയാണ് സൃഷ്ടി എന്താ കാരണം അടുത്ത് പറയുക എന്താണ് സൃഷ്ടിക്ക് കാരണമല്ല സൃഷ്ടിക്ക് കാരണത്തെ അന്വേഷിക്കുന്നതിന് ബുദ്ധിത്വമാണ് എന്നാണ് സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കുന്നത് വന്ധ്യാപുത്രന്റെ മാതാവിനെ അന്വേഷിക്കും പോലെയാണ് അതൊരിക്കലും കിട്ടത്തില്ല ഒരിക്കലും അത് കണ്ടുപിടിക്കാനുണ്ട് എന്തുകൊണ്ട് ഇതിനൊരു കാരണത്തിന്റെ ആവശ്യം അതുകൊണ്ട് കാരണത്തിന്റെ ആവശ്യമില്ലാത്ത എന്തുകൊണ്ട് കാര്യത്തിന് കാരണത്തിന്റെ ആവശ്യം സൃഷ്ടി ഒരു കാര്യമേ അല്ലെങ്കിൽ അതിന് പിന്നെ കാരണത്തിന്റെ ആവശ്യമുണ്ട് കാര്യമുണ്ടാന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറയുന്നത് ഉണ്ടായ ഒന്നല്ല ഉണ്ടായ തന്നെയാണ് നമ്മൾ കാര്യമെന്ന് പറയുന്നത് ഉണ്ടായ ഒന്നല്ല അജാതം അജാതി അതാണ് ഇവിടെ പറയുന്നത് പ്രതീതമാകുന്നത് ശരിയാണ് പരമാർത്ഥമല്ലാത്തതും പ്രതീതമാകും രജ്ജു ചർപ്പം ഉണ്ടായിട്ടല്ല അത് പ്രതീതമാകുന്നു കാന ഉണ്ടായിട്ട് പ്രതീതമാകുന്നതല്ല പ്രതീതമാകുന്നു അപ്രതീതി മാത്രമേ ഉള്ളൂ മാത്രം സ്വത്താ അപ്രതീതി മാത്രമാണ് അതിന്റെ നിലനിൽപ്പ് പ്രപഞ്ച പ്രതീതി മാത്രമാണ് അതിന്റെ നിലനിൽപ്പ് മറിച്ച് പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന ആ നിലനിൽപ്പ് അത് പരമാർത്ഥ സ്വത്തിന്റേതാണ് അതിലൊന്നും അന്യമായി ഇവിടെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് കാര്യമല്ല അതുകൊണ്ട് ഇതിന് കാരണമില്ല അതാണ് പറയുന്നത് മായ കൊണ്ട് തന്നെയാണ് മായയ്ക്കപ്പുറം ഇതിനൊരു കാരണമില്ല മായയിൽ നിന്ന് അന്യമായ ഇതൊരു കാര്യവുമല്ല ആ മായയാണെങ്കിലും ആ പരമാർത്ഥത്തിൽ നിന്ന് ഭിന്ന ഭിന്നല്ല ഇതാണ് പ്രപഞ്ചത്തിന്റെ പരമാർത്ഥസ്ഥിതി നഹി അജായമാനത്വം ബഹുധ ജന്മച്ച ഏകത്ര ശ്രുതി തന്നെ പറയുന്നത് പരസ്പര വിരുദ്ധമാണ് ഇവൻ അജായമാനനാണെന്ന് പറയുന്നു ജനിക്കാത്തവൻ ജനിക്കാത്തവൻ എന്നുവെച്ചാൽ മുമ്പ് ജനിച്ചിട്ടില്ലാത്തവൻ ഇപ്പോഴും ജനിക്കാത്തവൻ എന്നാൽ ബഹുദാ ജന്മ അവന് പലതരത്തിലുള്ള ജന്മം പറയുന്നു ഈ വൈരുദ്ധ്യത്തെ വിരോധമില്ലാതെ ഗ്രഹിച്ചാൽ സത്യം ബോധ്യപ്പെടും ജനിക്കാത്തവൻ ജനിച്ചുകൊണ്ടിരിക്കുന്നു പലതരത്തിലെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതാണ് ഒരു വൈരുദ്ധ്യമാണ് ഈ പറയുന്നത് ഒന്നിനൊന്ന് വിരുദ്ധമാണെന്ന് തോന്നുന്നു ആ വിരോധത്തെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അവന് സത്യം ബോധ്യപ്പെടും സത്യം പ്രകാശിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ആ വിരോധത്തെ പരിഹരിക്കുന്നതിന് ഈ സൃഷ്ടിയെ മായാമയം എന്നുകൂടെ വിശേഷിപ്പിക്കുന്നത് അഗ്ന ശൈത്യം ഔഷ്ണയം ഫലവ ആത്മേകത്വദർശനമൃതിനിശിതോ അർത്ഥ അഗ്നിയിൽ ശൈത്യവും ഔഷ്ണയവും ഒരുമിച്ചിരിക്കും രണ്ടും ഒരുമിച്ച് സംഭവിക്കത്തുന്നു അഗ്നി ഉഷ്ണമാണ് ശീതമാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അത് വിരുദ്ധ സ്വഭാവമാണ് ഇത് സത്യവും അസത്യവും ആകത്തില്ല രണ്ടു ആകത്തില്ല ഇത് ഒന്നേ ആകത്തുള്ളൂ രണ്ടുമായിരിക്കും അതിന് പറ്റത്തില്ല ഒന്നുകിൽ ഇതിനെ നമുക്ക് സത്യമെന്ന് പറയാം അല്ലെങ്കിൽ ഇതിനെ അസത്യം എന്ന് പറയാം ഇന്ന് സത്യം എന്നെന്തുകൊണ്ട് പറയുന്നു ഇതാ പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ല അതുകൊണ്ട് ഇത് തന്നെ അസത്യം ജഗത് സത്യം എന്ന് പറയുന്ന ഒരു തെറ്റാണ് ഇത് പരമാർത്ഥത്തിൽ നിന്ന് അന്യമല്ല പക്ഷെ അന്യമാണെന്ന് തോന്നുന്നതോ അന്യമാണെന്നുള്ള അനുഭവമോ അത് അസത്യം അതുകൊണ്ട് ഇതിനെ അസത്യം മായാമയം മിഥ എന്നും പറയും രണ്ടു ശരിയാണ് ഫലവത്വ അച്ഛാത്മീകത്വ ദർശനമേവ ശ്രുതി നിശ്ചിതവും അർത്ഥ എന്താണ് ഇതിന്റെ പ്രയോജനം എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച് കാലദേശ നിമിത്തങ്ങളോടുകൂടി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം അത് നൈരന്തര്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇതിനെ നിങ്ങൾ ശാശ്വതത്തിലൂടെ യുക്തിയിലൂടെ ശ്രുതിയിലൂടെയെല്ലാം അസത്യം ഒന്ന് ബോധിപ്പിച്ചിട്ട് എന്ത് നേടാനാണ് ഇത് ആവർത്തിക്കുന്നോണ്ട് എന്താ പ്രയോജനം പറയുന്നത് ഇത് ഫലവത്താണ് ഇതിൻ്റെ ഫലമെന്ന് പറയുമ്പോൾ അത് വിദ്വത് ഇതിന്റെ ഫലം അത്രയൊരു ഫലത്തെക്കുറിച്ച് ശ്രുതിയും പറയുന്നു ആത്മനിഷ്ഠന്മാർക്ക് അക്കാര്യത്തിൽ സംശയമില്ല അവർ ഈ വിചാരം ഈ ചിന്ത ശ്രുതിയുടെ വെളിപ്പെടുത്തൽ അനുഭവിക്കുന്നവരാണ് സത്യമായി ബോധ്യപ്പെട്ടവരാണ് അതുകൊണ്ടിത് ഫലവത്താണ് ഫലവത്തല്ലെങ്കിൽ പിന്നെ ഇതിനുവേണ്ടി ചെയ്യുന്ന ഈ യജ്ഞങ്ങളെല്ലാം നിഷ്പലമായി തീരും വ്യർത്ഥമായിത്തീരും അതുകൊണ്ടിത് ഫലവത്തായതുകൊണ്ട് തന്നെ ശ്രുതിയുടെ താൽപ്പര്യം എന്താണ് ആത്മീയത്വ ദർശനം തന്നെ ആത്മ ഏകത്വ ദർശനമെന്ന് പറയുന്നത് തന്നെ ജഗത് മിഥ്യാത്വം എന്ന് പറയുന്ന പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മീയത്വം എന്ന് പറയുന്നത് അദ്വീതമെന്ന് പറഞ്ഞ് സാധാരണ പ്രചരിപ്പിക്കുന്നത് എന്താണ് ജഗത് മിഥ്യാത്വത്തെ പക്ഷെ അതതിന്റെ ഒരു ഭാഗം മാത്രമേ ആകൂ മാത്രം ജഗത് മിഥ്യാത്വം അത് പറയുമ്പോ നമുക്ക് തോന്നുന്നത് നമ്മുടെ അനുഭവങ്ങളെ അല്ലാതെ നിരാകരിക്കുന്നതാണ് പ്രപഞ്ചപ്രതീതിയെ നിഷേധിക്കുന്നുവെന്നാണ് പ്രപഞ്ചപ്രതീതിയെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് മനുഷ്യന്താണ് ആത്മീകത്വത്തെ ബോധിപ്പിക്കുകയാണ് ആത്മാർവത്തിനോടും അനന്യമായിരിക്കുന്നു ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്തിനോട് ഈശ്വരനോട് പോലും അതാണ് ആത്മീയത്വം എന്ന് പറയുന്നത് ഈ ശരീരത്തിനോടും പ്രപഞ്ചത്തോടും മാത്രമല്ല അത് അനന്യമായിരിക്കുന്നു ഈശ്വര തത്വത്തിനോട് പോലും അത് അനന്യമായിരിക്കുന്നു ഇതാണ് ശ്രുതിയുടെ താല്പര്യം ശ്രുതി നിശ്ചിതമായ അവിടെ ശ്രുതിയാണ് പറയുന്നത് അനുഭവമാണ് അനുഭവസിദ്ധമാണ് പക്ഷേ അനുഭവസിദ്ധമാണെന്ന് താൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അനുഭവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അനുഭവം ഇല്ലാത്തതിന് എനിക്ക് അനുഭവം അവകാശപ്പെടാം അത് ശ്രുതി നിശ്ചിതമായ കാര്യമാണ് ശ്രുതിയിൽ വെളിപ്പെടുത്തിയ അനുഭവമാണത് അതുകൊണ്ടത് ഈ ചിന്ത പ്രപഞ്ചം മിഥിയാണെന്ന് പറഞ്ഞിട്ട് മായാമയമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എന്താ ലാഭം വേദാന്തത്തെ കേൾക്കുന്നവർ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് ശ്രമിക്കുന്നവരാണ് അവര് ചോദിക്കും പ്രപഞ്ചം അസത്യമാണെന്ന് പറഞ്ഞിട്ട് ഇത് മായാമയമാണ് പ്രപഞ്ചമാണെന്ന് മിഥ്യയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഈ പ്രപഞ്ചത്തിലാണല്ലോ വീണ്ടും നിങ്ങൾ ഈ പ്രപഞ്ചത്തെ അവലംബിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വ്യവഹാരത്തിലാണല്ലോ പിന്നെ അതുകൊണ്ടെന്താ പ്രയോജനം മിഥ്യ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു തുണി വിടുക്കുന്നു അപ്പൊ ഇത് സത്യം എന്ന് കരുതുന്നവനും മിഥ്യ എന്ന് പറയുന്ന നിങ്ങളും തമ്മിലെന്താണ് വ്യത്യാസം രണ്ടുപേരും ബാഹ്യമായി നോക്കുമ്പോൾ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു പോലെ അപ്പോൾ ഈ മിഥ്യ എന്ന് പറയുന്നതിലെന്താ കഴമ്പ് ഞങ്ങൾ പറയുന്നത് ഇത് ഫലവത്താണ് മിഥ്യ പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് ഫലവത്താണ് സാർത്ഥകമാണ് അത് സാർത്ഥകമായി അവൻ പ്രപഞ്ചവ്യവഹാരം ചെയ്യും അത് ബോധ്യപ്പെടാത്തവനാണെങ്കിലോ അനിരർത്ഥകമായി പ്രപഞ്ചവ്യവഹാരം ചെയ്തു അവന്റെ പ്രപഞ്ച വ്യവഹാരത്തിന് അർത്ഥമില്ല മറ്റൊരുവൻ എന്ത് ചെയ്യുന്നു ആത്മനിർവൃതിയിലാണ് അവന്റെ വ്യവഹാരങ്ങൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതുമല്ല മറ്റവൻ നിഷ്ഫലമായി വ്യർത്ഥമായി അവന്റെ ജീവിതം തുടരുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് പറയുന്നത് ഫലവത്താണ് പ്രയോജനരഹിതമായ ഒരു ചർച്ചയല്ല ഇത് എന്താണ് അതിന്റെ ഫലം ഫലവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലത്തെ ആർക്കും വെളിപ്പെടുത്താൻ സാധ്യമല്ല ഫലത്തെ ചൂണ്ടിക്കാണിക്കാനേ പറ്റും അങ്ങനെ തത്ര കോഹ കശോക ഏകത്വം അനുപശിത ശോകമോഹങ്ങളിൽ നിന്നുള്ള മുക്തി അതിന് ഫലമെന്ന് പറയുന്നു ഈ സത്യം അറിയാത്തവൻ അത് അനുഭവപ്പെടുന്നുണ്ട് സത്യം അറിഞ്ഞവനും പ്രപഞ്ചത്തിൽ തന്നെ അറിയാത്തവനും പ്രപഞ്ചത്തിൽ തന്നെ ബാഹ്യമായി ഒരു ഭേദവും കൽപ്പിക്കാൻ നിവർത്തി ബാഹ്യമായ എന്തെങ്കിലും ഒരു അസാധാരണത്വം നമുക്ക് കൽപ്പിക്കാനും നിവർത്തി പക്ഷേ ആന്തരികമായ അവന്റെ അനുഭവത്തിലെ വ്യത്യാസം തണവൻ ഈ ശോകമോഹങ്ങളിൽ നിന്നും മുഗ്ധനായിരിക്കുന്നു ഇത്യാദി മന്ത്രവർണ്ണ ഈ മന്ത്രം തന്നെ അത് പറയുന്നു അത് വിദ്യുത് അനുഭവസിദ്ധമാണ് എന്ന് ശ്രുതി തന്നെ പറയുന്നു അങ്ങനെ ഒന്ന് സംഭവിക്കും ഒരു പ്രപഞ്ചത്തെ സത്യമായി അനുഭവിച്ച് ഈ ജീവിക്കുന്ന ഒരുവന് ഈ ശോകമോഹ നിവൃത്തി എന്ന് പറയുന്ന സങ്കല്പിക്കാൻ കൂടി കഴിയാത്തതാണ് അവൻ ശോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടാണ് ജീവിക്കുന്നത് ഇതിൽ നിന്നുള്ളൊരാത്യന്തികമായ നിവൃത്തി അതവനെ സംബന്ധിച്ച് സ്വപ്ന സമാനമാണ് പക്ഷെ വിദ്വാനെ സംബന്ധിച്ച് അങ്ങനെയല്ല അതവന് സദാ അനുഭവസിദ്ധമാണ് അതിന്റെ ഫലമോ അവനീ മൃത്യുവിൽ നിന്നും മോചനം നേടുന്നു മറിച്ചാണെങ്കിലോ മൃത്യു സമൃത്യം ആഭിനോധി അന്യനെക്കുറിച്ച് പറയുകയാണ് സംസാരിയെക്കുറിച്ച് പറയണം അവൻ ഇത് മൃത്യുവിനെ സത്യമായി കരുതുന്നു ജന്മത്തെ സത്യമായി കരുതുന്നു അതുകൊണ്ടവൻ വീണ്ടും ജന്മത്തിലേക്ക് വീണ്ടും മൃത്യുവിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു നിന്ദിതത്വാ അജീവിതത്തെ ശ്രുതിയെ ജായസ്വ്രിയസ് ഇത് തൃതീയം സ്ഥലം ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടവൻ ഇവിടെ കഴിയുന്നു സൃഷ്ടിയാതിഭേദൃഷ്ടെ അതുകൊണ്ട് ശ്രുതി ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ ഭേദദൃഷ്ടിയെ ആ മനസ്സിനെ അത് നിന്ദിക്കുകയാണ് എന്നുവെച്ചാൽ നിഷേധിക്കുകയാണ് അതല്ല സ്വീകരിക്കേണ്ട ഒന്നു സ്വീകരിക്കേണ്ടത് ഈ ശോകമോഹങ്ങളിൽ നിന്നുള്ള നിവൃത്തി മാർഗത്തെയാണ് സംസാരമാർഗത്തെയല്ല അതിനു വേണ്ടിയിട്ടാണ് എല്ലാ തപസ്സുകളും ത്യാഗങ്ങളും യോഗവും മന്ത്രവും തന്ത്രവും എല്ലാം ആത്യന്തികമായതിനു വേണ്ടിയിട്ടാണ് ഈ പരമാർത്ഥത്തെ ബോധിക്കുക ശോകമോഹങ്ങളിൽ നിന്നും ഒരുവൻ മുക്തനായിത്തീരുന്നു അത് സാധിക്കാത്തിടത്തോളം കാലം മറ്റെന്തൊക്കെ സാധിച്ചാലും എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല इंद्रो मजा बहुथ माएते तो सूतिर बच्च അന്ധം തീരു സഭൂതി ഉപാസത്തി സമ്പവ പ്രതിഷിദ്ധ്യത്തി ഇതുവരെ മറ്റുപനിഷത്തുകളെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ ഈശാവാസി ഉപനിഷത്തിലേക്ക് വരികയാണ് കാരണം ഇവിടെ ഇപ്പോ ഈ ഉപനിഷത്ത് ഭാഗത്തിൽ പറയുന്ന ഒരു കാര്യം മാത്രമാണിത് അജാതം എന്നു വന്നാൽ അതൊരു പോരായ്മയാവും ശ്രുതി കൊണ്ട് പറയുന്നത് ഇവിടെയല്ല പല രീതിയിൽ പല ഉപനിഷത്തുകളിലും പറയുന്നുണ്ട് പല വേദഭാഗങ്ങളിലും പറയുന്നുണ്ട് അതുകൊണ്ടിവിടെ ഉപനിഷത്തിന് വ്യാഖ്യാനം എഴുതിയ ആചാര്യൻ ഇങ്ങനെ ഈ ഉപനിഷത്തിന് ഇത് പറയുന്നു അതുകൊണ്ടിത് തിരഞ്ഞുപിടിച്ച് ഇങ്ങനെ ഒരു കാര്യ രചിച്ചു എന്ന് വരരുത് മറ്റ് സർവഭാഗങ്ങളും പറയുന്ന കാര്യത്തെ തന്നെ ഇവിടെയും പറയുന്നു എന്നേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈശാവാസ്യത്തെ അവിടെ സംഭൂതേരുപാസിത്വപാത സംഭൂതി ഉപാസനെ അവിടെ നിഷേധിക്കുന്നു നമ്മളവിടെ ചർച്ച ചെയ്താണ് ഈശാവാസ്യത്തിൽ വിശദമായിട്ട് സംഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ആ സംഭൂതിയുള്ള ദേവത അതിനവിടെ സംഭൂതി എന്ന് പറഞ്ഞിരിക്കുന്ന ഹിരണ്യഗർഹൻ ഭരണിഗർഭ ഉപാസനയുടെ നിഷേധിക്കുന്നു അതുകൊണ്ട് എന്ന് പറയുന്നു സംഭവത്തെ നിഷേധിക്കുന്നു സംഭവതിയെ നിഷേധിക്കുന്നതുകൊണ്ട് സംഭവത്തെ നിഷേധിക്കുന്നു മനസ്സിലാകണം ഹരണിഗർഭ ഉപാസനയെ നിഷേധിക്കുന്നതുകൊണ്ടും സംഭവം കാര്യത്തെ എല്ലാം നിഷേധിക്കുന്നതായി മനസ്സിലാക്കണം എന്തുകൊണ്ട് ശ്രുതി പറയുന്നത് നിർഗുണനിരാകാരമായിരിക്കുന്ന ആ പരമാർത്ഥ വസ്തുവിൽ നിന്ന് ഉണ്ടായ കാര്യം ആയിട്ടാണ് അവിടെ സംഭൂതി അവതരിപ്പിക്കുന്നത് ഒരു കാര്യം അവിടെ ഉണ്ടായി അത് പരമാർത്ഥമല്ല പരമാർത്ഥമല്ലാതെ തന്നൊരു മാറ്റം അതിന് സംഭവിച്ചതാണ് സംഭൂതി ഇരണ്കർക്കൻ തുടർന്ന് വരുന്ന മാറ്റമാണ് ഈ പ്രപഞ്ചം പരമാർത്ഥമല്ലെങ്കിലും പ്രതിവിധിയിൽ നിലനിൽക്കുന്നത് അത്ര ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടാണ് ആദ്യത്തെ മാറ്റത്തെ നിഷേധിക്കുന്നതിലൂടെ തുടർന്നു വരുന്ന എല്ലാ മാറ്റങ്ങളെയും നിഷേധിക്കണം കരുണാമങ്ങളെയും നിഷേധിക്കണം ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് കിരണ്യഗർഭൻ അതിന്റെ ഉപാസനയും നിഷേധിച്ചു വിശ്വാസ്യത്തിൽ പറയുന്ന എന്താണോ ഒന്ന് തത്വജ്ഞാനം മറ്റൊന്ന് ദൈവത ഉപാസന മറ്റൊന്ന് കർമ്മം വൈദിക കർമ്മം നാലാമതായി സാധാരണ ധർമ്മം അവിടെ സംഭൂതി അസംഭൂതി വിദ്യ അവിദ്യ വിനാശം ഈ ശബ്ദങ്ങൾ കൊണ്ടവിടെ പറയുന്നത് എന്തൊക്കെയാണ് അതവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെങ്കിലും മനസ്സിൽ കാണുമെന്നറിയത്തില്ല അവിടെ എന്താണ് ചർച്ച ചെയ്തത് സാധാരണ ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൗകികമായ കർമ്മങ്ങളാണ് അവിടെ പറയാൻ പോകുന്നു അത് വിശദീകരിക്കുന്നത് ആ ലൗകികമായ കർമ്മങ്ങളിൽ നിന്ന് ഉള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് ഇതെന്താണ് കേവലം അജ്ഞാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ലൗകിക വ്യവഹാരങ്ങളിൽ ലൗകിക എന്ന് പറയുമ്പോൾ വൈദികമല്ലാത്തതല്ല എത്ര വലുതായ കർമ്മമായാലും ശരി വൈദികമല്ലെങ്കിലൌകികമാണ് ഈ ലൗകിക കർമ്മത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് വൈദിക കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത് നിത്യ അഗ്നിഭോം പോലെയുള്ള കർമ്മങ്ങൾ കർമ്മണാഭ്യത കർമ്മം കൊണ്ട് പിതൃലോകങ്ങൾ കിട്ടുന്നു വിദ്യാ ദേവലോക വിദ്യ കൊണ്ട് ദേവലോകം കിട്ടുന്നു എന്ന് തന്നെ അവിടെ പറഞ്ഞു ഇപ്പോൾ സ്വാഭാവിക കർമ്മത്തിൽ നിന്നുള്ള മോചനം അതിനുവേണ്ടി വൈദിക കർമ്മങ്ങൾ നിത്യാഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ പക്ഷെ അത് കേവലമായി അനുഷ്ഠിക്കാൻ പാടില്ല അതിനോടൊപ്പം ദേവത ഉപാസനയും വേണം ദേവത ഉപാസനയും ഒറ്റയ്ക്ക് അനുഷ്ഠിക്കാൻ പാടില്ല അതോടൊപ്പം വൈദിക കർമ്മവും വേണം ഇത് രണ്ടും ദൈവതോപാസന എന്ന് പറയുമ്പം വൈദികമായ ദൈവതോപാസനയാണ് പറയുന്നത് ഇന്ന് പ്രചരിച്ചിരിക്കുന്ന ദൈവതോപാസനയെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയും ഇന്ന് സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുന്ന നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചൊന്നുമല്ല ദേവതോപാസന കർമ്മം ഇത് വെവ്വേറെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതവിടെ പറഞ്ഞു എന്താണ് അത് അന്ധകാരത്തിലേക്ക് പോവും എന്നവിടെ പറഞ്ഞു അതുകൊണ്ട് ഇത് സമുച്ചയിച്ചനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു വൈദികമായ കർമ്മങ്ങളും ആത്മജ്ഞാനവും അതും പറയുന്നുണ്ട് ഇതും വേദത്തന്നെ വെളിപ്പെടുത്തുകയാണ് അത് സമുച്ചയിച്ച് അനുഷ്ഠിക്കാൻ പാടില്ല കർമ്മത്തെയും ഉപാസനയും സമുച്ചയിക്കാം സമുച്ചയിക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് ഇത് രണ്ടുമനുഷ്ഠിക്കാം പക്ഷെ ജ്ഞാനവും കർമ്മവും വൈദികമായ കർമ്മവും അത് സമുച്ചയിക്കാൻ പാടില്ല അത് എന്തുകൊണ്ടത് അസംഭവമാണ് അതുകൊണ്ട് കർമ്മത്തെ വൈദികമായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് അത് സംജയിക്കാൻ സാധ്യമല്ല ജ്ഞാനത്തിന് കർമ്മത്തെ ഉപേക്ഷിച്ചും മതിയാവും അതുകൊണ്ട് ആ അഗ്നിഹോത്രാദികളെ ഉപേക്ഷിച്ചിട്ട് ജ്ഞാനത്തിലൂടെ മോക്ഷത്തെ നേടുക അതാണ് അവിടെ പറഞ്ഞത് അതിനെയാണ് ഇവിടെ ചുരുക്കി അതിവിടെ പറയുന്നത് അവിടെ സംഭവതി ഉപാസനയെ നിഷേധിച്ചതുകൊണ്ട് സംഭവത്തെ കാര്യത്തെ നിഷേധിച്ചിരിക്കുന്നു സർവസൃഷ്ടിയെ നിഷേധിച്ചിരിക്കുന്നു ശ്രേഷ്ഠമായ ഒന്നിനും നിഷേധിക്കേണ്ട കാര്യമില്ല നിന്ദ്യമായതിനും നിഷേധിക്കുന്നു അതും ശ്രുതിയുടെ താൽപ്പര്യം സൃഷ്ടിയെ നിലനിർത്തുന്നതിനല്ല സൃഷ്ടിയെ നിഷേധിക്കുന്നതിനാണ് എന്നുള്ളതിന് ഒരു പ്രമാണമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുകൂടെ വിശദീകരിച്ച് പറയും നമ്മുടെ വിനാശേന സംഭൂതേ സമുച്ചയവിദ്യർഥ സമ്പൂത്യപവാദ പറയുന്ന അവിടെ ഹിരണ്ഡിഗർഭ ഉപാസനയെ കേവലമായ ഉപാസനയെ നിഷേധിച്ചത് വിനാശം കർമ്മവുമായിട്ടുള്ള വിനാശം എന്ന് വെച്ചാൽ അവിടെ കർമ്മമെന്നാണ് അർത്ഥം പറഞ്ഞത് സംഭൂത്തി സമുച്ചയ വിദ്യർത്ഥ ദൈവത്തെ ഉപാസനയെ സമുച്ചയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഭുത്യപവാദ യഥ അന്തം തമപ്രവിശന്തി അവിദ്യ ഉപാസതയെ കേവലമായ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ അന്ധതമസിൽ പ്രവേശിക്കുന്നു പറഞ്ഞിരിക്കുന്നു സത്യമേവ ദേവതാ ദർശന വിഷയസ്യ വിനാശ ശബ്ദവാച കർമ്മ സമുച്ചയ വിധാനാർത്ഥ സംഭൂത്യപവാദ ശരിയാണ് ദേവതാ ദർശനം തിരുണ്യഗർഭ ഉപാസന അത് സംഭൂതിയെ സംബന്ധിക്കുന്നതാണ് അതും വിനാശ ശബ്ദവാച്സിച്ച വിനാശമെന്നുള്ള വിനാശ ശബ്ദം കൊണ്ട് പറയുന്ന കർമ്മവും ഇരണ് ഉപാസനയും കർമ്മവും അതിന്റെ സമുച്ചയ അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ സമ്പൂതി നിഷേധിക്കുന്നത് അതൊക്കെ ശരിയാണ് തഥാപി വിനാശാഖ്യസർമ്മ സ്വാഭാവിക അജ്ഞാന പ്രവൃത്തി രൂപസ്യ മൃത്യോ അതിതരണാർത്ഥത്വത് പറയുന്നു വൈദിക കർമ്മങ്ങളുടെ പ്രയോജനം എന്താണ് പരമാർത്ഥ സത്യത്തെ ബോധിപ്പിക്കുന്ന വേദം ഈ കർമ്മങ്ങളെന് പറഞ്ഞു പറയുന്നത് സ്വാഭാവിക അജ്ഞാന പ്രവൃത്തി രൂപസ്യ മൃത്യുഹോ അതിതരണാർക്ക് മൃത്യു എന്ന് പറയുന്നത് എന്താണ് സ്വയം അജ്ഞനായി ആത്മബോധം നഷ്ടപ്പെട്ട് യാതൊരു ശാസ്ത്രബോധവുമില്ലാതെ വേദബോധം കൂടാതെ സഹജമായ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് കാമ ആചാരം കാമവാദം കാമഭക്ഷണം എന്നു പറഞ്ഞാൽ സഹജമായ തന്റെ പ്രകൃതിക്കനുസരിച്ച് എല്ലാ പ്രവർത്തികളും ചെയ്യുക തന്റെ പ്രവൃത്തിക്കനുസരിച്ച് വിവേകം കൂടാതെ ഭക്ഷണം കഴിക്കുക തന്റെ പ്രകൃതിക്കനുസരിച്ച് സംഭാഷണം നടത്തുക ഇതെല്ലാം ഇതാണ് ലൗകിക വ്യവഹാരം എന്നുകൂടെ പറയുന്നത് ഇതിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കർമ്മത്തെ വിധിച്ചത് വൈദിക ധർമ്മത്തെ വിധിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് അദ്വീതിയുടെ നിലപാട് അതുപോലെ ദേവതാ ദർശന കർമ്മ സമുച്ഛേഷ്യ പുരുഷ സംസ്കാരാർത്ഥസ്യ അതുപോലെ ഈ ദൈവതോപാസനയും കർമാനുഷ്ഠാനവും ഒരുമിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പുരുഷന് സംസ്കാരമുണ്ടാക്കുന്നു അത് അദ്വൈതത്തിനൊരു മുഖ്യമായ സിദ്ധാന്തമാണ് അതായത് സർവകർമ്മങ്ങളും വൈദികമായ യജ്ഞങ്ങളും മറ്റും എല്ലാം പുരുഷ എല്ലാം അത് പരമ്പരയ മോക്ഷത്തിലേക്ക് നയിക്കുന്നു പക്ഷെ ലൌകികമായ പ്രകൃതിക്കനുസരിച്ചിരുന്ന കർമ്മങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നു നമ്മൾ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണ് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് കർമ്മങ്ങൾ എന്ത് കർമ്മത്തെ ഉപേക്ഷിക്കാനാണ് അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് ഇത് മാത്രമാണ് സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിക്കുന്നതാണ് എന്നാ പക്ഷെ അതേ ആചാര്യന്മാരെല്ലാം കർമ്മത്തിന്റെ പ്രയോജനവും പറയുന്നുണ്ട് കർമ്മത്തിന്റെ പ്രയോജനം പറയുമ്പോൾ സർവകർമ്മങ്ങളും സംസ്കാരത്തിന് വേണ്ടി എന്നാണ് പക്ഷെ അത് വേദവിധിയനുസരിച്ച് ഉപാസന സമുച്ചിതമായി അനുഷ്ഠിക്കും അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് പുരുഷ അത് പുരുഷനെ സംസ്കരിക്കുന്നു ആത്യന്തികമായിട്ട് എന്തെയ്യുന്നു ആ കർമ്മങ്ങൾ കർമ്മഫലരാഗ പ്രവൃത്തിരൂപേദ്വയ ലക്ഷണ മൃത്യൂഹ അതിതരണാർത്ഥത്വം സാധ്യസാധന രൂപത്തിലുള്ള സാധ്യം സ്വർഗാദിഫലങ്ങൾ സാധനം യാഗാതിക്രിയകൾ ഇതാണ് മൃത്യു ഈ മൃത്യുവിനെ തരണം ചെയ്യുന്നതിനും ഇതുതന്നെ സഹായിക്കുന്നത് ഈ ദേവതാ ഉപാസനയും കർമ്മവുമാണ് അത് വേദത്തിൻ്റെ നിർദ്ദേശിച്ചാണ് ആ വേദത്തിന് നിർദ്ദേശിച്ച ദേവത ഉപാസനവും മറ്റ് വൈദികധർമ്മങ്ങളുമാണ് കാലം കൊണ്ട് പരിണമിച്ചത് വൈദിക കാലം കഴിഞ്ഞപ്പോൾ പരിണമിച്ച് മറ്റു തരത്തിലുള്ള ദൈവതോപാസനകളും സത്കർമ്മങ്ങളുമായിട്ട് മാറിയത് നമ്മുടെ വർത്തമാനകാലത്തിൽ കാണുന്ന ദൈവതോപാസനകളും ഇന്ന് നമ്മൾ കാണുന്ന സത്കർമ്മങ്ങളുമെല്ലാം ആ വേദത്തിൽ പറഞ്ഞ കർമ്മങ്ങൾക്കും ഉപാസനകൾക്കും വന്ന പരിണാമമാണ് കാലം കൊണ്ടുവന്ന പരിണാമമാണ് അതുകൊണ്ടാണ് ഈ ഉപാസനകളും ഈ കർമ്മങ്ങളും സത്കർമ്മങ്ങളും ചിത്തശുദ്ധിക്കുപേരിക്കുമെന്നും പറഞ്ഞു വരുന്നു വൈദികമായ പശ്ചാത്തലമില്ല വൈദികമായ കർമാനുഷ്ഠാനങ്ങളില്ല പക്ഷെ ഇന്ന് സത്കർമ്മങ്ങളും ഉപാസനകളും നിലനിൽക്കുന്നു അതെന്തിനു സഹായിക്കുന്നു സാധ്യസാധന ഇഷണ ഇതുവരെ ലക്ഷണസ്യം മൃത്യു ആത്യന്തികമായി ഇതിൽ നിന്ന് മോചനത്തിന് നമ്മൾ എന്താണോ അനുഷ്ഠിക്കുന്നത് ദൈവത സത്കർമ്മങ്ങളും അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് അത് അനുഷ്ഠിക്കുന്നത് അതാണ് ശ്രുതിയുടെ താല്പര്യം വേദത്തിനും അത് തന്നെയായിരുന്നു താല്പര്യം ഇന്നും ശ്രുതിയുടെ താല്പര്യം അത് തന്നെ അതുകൊണ്ട് രൂപ മൃത്യോഹ അശുദ്ധേ വിയുക്ത പുരുഷ സംസ്കൃത സ്യേഷണാദ്വയൂപം യേക്ഷണാദ്വയം എന്ന് വെച്ചാൽ സാധ്യസാധനങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ ആ കർമ്മത്തിന്റെ ഫലങ്ങൾ എത്ര ശ്രേഷ്ഠമായാലും ശരി അതിൽ നിന്നും മുക്തി നേടുന്നു അതാണ് അശുദ്ധി അതിൽ നിന്നുള്ള വീതി അതാണ് പുരുഷന്റെ സംസ്കാരം അതുകൊണ്ട് മൃത്യു അതിതരണാർത്ഥ ദേവതാ ദർശന കർമ്മ സമുച്ചയരക്ഷണവിദ്യ ഈ കേട്ടില്ല മറികടക്കുക മൃത്യുഹോ അതിതരണം മൃത്യുവിനെ മറികടക്കുക ഒരു ദേവതാ ദർശന കർമ്മ സമുച്ചയലക്ഷണ ഹ്യാവിദ്യ വാസ്തവത്തിനേതാ വിദ്യ ഇവിടെ അജ്ഞാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യമല്ല ഈ ഉപാസനകളിലും ഈ കർമ്മത്തിനും പെട്ടിരിക്കുന്നു ദേവതാ ഉപാസനയിലും കർമ്മത്തിലും സത്കർമ്മങ്ങളിലും മുഴുകിയിരിക്കുന്നവൻ അവിദ്യയിൽ നിന്നും സ്വതന്ത്രനല്ല പക്ഷേ ഇതവനെ അവിദ്യയിൽ നിന്നും സ്വതന്ത്രനാക്കും എന്നാണ് ശ്രുതി പറഞ്ഞത് അന്ന് പറഞ്ഞത് അവിദ്യമയമായിരിക്കുന്ന ഇത് തന്നെയാണ് അവിദ്യയിൽ നിന്നവനെ മോചിപ്പിക്കുന്നത് ഇതല്ല മറ്റൊരുപായം കാരണം അവന്റെ സംസ്കാരം കൊണ്ട് ഇതിൽ പെട്ടുപോയി അവന് ഇതിനനുസരിച്ചേ മതിയാവും ഇതിനനുഷ്ഠിച്ച് കഴിയൂ എന്ന് വരുമ്പോ ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഇത് തന്നെ അതുകൊണ്ടിതിനെ സമുച്ചയമായി അനുഷ്ഠിക്കാൻ വേദം പറഞ്ഞു അല്ല ഇതൊന്ന് സത്യമായതുകൊണ്ടല്ലേ അവിദ്യയാ മൃത്യുഹോ അതിതീർണസ്യ വിരക്തസ്യ ഉപനിഷത് ശാസ്ത്രാർത്ഥ ആലോചന പരസ്യ നാന്തരീകി പരമാത്മീകത്വ വിദ്യ ഉത്പത്തിരി എങ്ങനെ ഈ ഉപാസനയും കർമ്മവും അവനെ രക്ഷിക്കുമെന്ന് പറയുകയാണ് വൈദികമായാലും ശരി സാധാരണ ആയാലും ശരി അവനീ േഷണങ്ങളിൽ നിന്നും മോചിക്കണം യേഷനാണ് സാധ്യ സാധന രൂപത്തിലുള്ള കർമ്മഫല രൂപത്തിലുള്ള ഈ ബന്ധനത്തിൽ നിന്നും അവൻ മോചിക്കണം അതവൻ മോചിക്കും ഈ കർമാനുഷ്ഠാനം കൊണ്ട് അവന്റെ അന്ധകരണത്തിൽ ശുദ്ധി വരുമ്പോൾ അവനീ ഇതിൽ നിന്ന് മൃത്യൂഹോ അവനിൽ നിന്നും ഈ കർമ്മത്തിൽ നിന്നും ഈ മോചനം യുവാസന മാർഗത്തിൽ നിന്നും കർമ്മ മാർഗത്തിൽ നിന്നും അവൻ അതിതീർണനാകും അവന് മോചനം സ്വാഭാവികമായി സംഭവിക്കും വിരക്തസ്യ അതാണ് സന്യാസം വിരക്തനെന്ന് പറയുന്ന അതാണ് അതാണ് സന്യാസത്തിന്റെ മഹത്വം എന്താണ് അവൻ ഈ സത്കർമ്മങ്ങളിലൂടെയും ഈ സതുപാസനകളിലൂടെയും തന്നെ അവൻ ആ മൃത്യുവിൽ നിന്ന് അതൊരു മൃത്യുവാണ് അവനെ ബന്ധിച്ചിരുന്നവർ മൃത്യുവാണ് അതിൽ നിന്ന് അവൻ അതിതീർണനായി വിരക്തനായിത്തീരുന്നു ഇതിൽ നിന്നൊക്കെയുള്ള മുക്തി തന്നെ വിരക്തി എന്ന് പറയുന്നു അവനെ ഉപനിഷാസ്ത്ര അർത്ഥാലോചനാ പരസ്യ അവൻ എന്ത് ചെയ്യുന്നു ഉപനിഷാസ്ത്രാർത്ഥ ആലോചനാപരനായിത്തീരുന്നു അവൻ ഉപാസനാഭരനോ കർമ്മപരനോ അല്ല ഉപനിഷാസ്ത്രത്തിന്റെ താത്പര്യത്തെ ചിന്തിക്കുന്നവനാകുന്നു അവന്റെ മനസ്സ് പിന്നെ അതിലാകുന്നു പരമാർത്ഥ തത്വചിന്തനത്തിലാകുന്നു അവന്റെ മനസ്സ് അങ്ങനെ വരുമ്പോൾ അറിയാമല്ലോ നിങ്ങൾ ഉപാസനകളിലോ കർമ്മങ്ങളിലോ മുഴുകിയിരിക്കുകയാണെങ്കിൽ ശ്രദ്ധ അവിടെ ആയിരിക്കുമ്പോൾ തീർച്ചയായും ഈ ഉപനിഷത്തത്വാർത്ഥ വിചാരത്തിന് മനസ്സിന് സന്നദ്ധത കാണില്ല മനസ്സിന് പ്രാപ്തി വരത്തില്ല മനസ്സിൽ അതിനുള്ള ഇടവും കാണത്തില്ല അവൻ കർമ്മത്തിലും ഉപാസനകളിലൊക്കെ ആയിരിക്കും മനസ്സ് മുഴുകിയിരിക്കുന്നു മനസ്സിന് ഒരു സമയം ഒരു കാര്യമേ ചെയ്യാൻ പറ്റും പക്ഷേ അതൊരു മൃത്യു ആണ് എന്നറിഞ്ഞ് അതിൽ നിന്നവനതിതീർണനായാൽ എന്നുവെച്ചാൽ അതിൽ നിന്നെല്ലാം അവൻ മാനസികമായ മുക്തി നേടിയാൽ നേടിയാൽ തീർച്ചയായും സംഭവിക്കുമെന്നാണ് അവശ്യം ഭവിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അന്തരീയകി അവശ്യമായി സംഭവിക്കുമെന്നാണ് പരമാത്മ ഏകത്വ വിദ്യ ഉത്പത്തി പറയുന്നുണ്ടല്ലോ ആ പരമാത്മ ഏകത്വ വിദ്യ ഉത്പത്തി ആ ആന്തരികമായി സംഭവിക്കും ഇവിടെ ക്രമമായിട്ട് പറഞ്ഞു വരികയാണ് ആത്യന്തികമായി സംഭവിക്കേണ്ട ഇതാണ് ആ പരമാർത്ഥ ബോധം ആ പരമാർത്ഥ ബോധം ഈ ക്രമത്തിലൂടെ സംഭവിക്കത്തുള്ളൂ ദ്യം അവന്റെ സഹജമായ പ്രവൃത്തികളിൽ നിന്ന് മോചനം നേടുന്നു സത്കർമ്മങ്ങളിലും സദുപാസനകളിലും കൂടെ അവൻ സഞ്ചരിക്കുന്നു അങ്ങനെ അവന്റെ അന്തത്തിൽ ശുദ്ധമാകുന്നു ഉപനിഷ ശാസ്ത്ര ആലോചനാപരമാകുന്നു അവന്റെ മനസ്സ് തത്വചിന്താപരമാകുന്നു ഇത്രയുമായി കഴിഞ്ഞാൽ ഇവിടെ പരമാർത്ഥ ഏകത്വ വിദ്യ കുറിച്ച് പറയുന്നതെന്നാണ് അതിൻ്റെ ഒരു ഉത്പത്തി സംഭവിക്കുന്നു അത് ചെയ് കേവലം വിചാരം ചെയ്യുന്നതല്ല ശ്രവിക്കുന്നതോ ബോധിപ്പിക്കുന്നതോ അല്ല പരമാർത്ഥ വിദ്യ പക്ഷെ അത് കൂടിയേ തീരും എന്തുകൊണ്ടാണ് അതിനെ പറയുന്നു അത് അതിലൂടെ കടന്നു പോകണോ ശാസ്ത്ര അർത്ഥാലോചന അതാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരിക്കലും പരമാർത്ഥം ധരിച്ചുള്ളത് പക്ഷെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് അവശ്യം സംഭവിക്കുന്നു എന്താണ് ആ വിദ്യ ഉത്പത്തി അതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ട് തരത്തിലാണ് ആ ജ്ഞാനം എന്ന് പറഞ്ഞത് ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് അവശ്യം സംഭവിച്ചിരിക്കും ഇത് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യൂനത സംഭവിക്കുന്നു പോരായ്മകൾ അവിടെയുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് പൂർവഭാവിനിയും അവിദ്യം അപേക്ഷ പശ്ചാത്ഭാവിനി ബ്രഹ്മവിദ്യ അമൃതത്വ സാധനം ഈ പശ്ചാത്ഭാവിനി ബ്രഹ്മവിദ്യ അവസാനമായി വരുന്ന ഈ ബ്രഹ്മവിദ്യ എങ്ങനെ പരമാത്മീകത്വ വിദ്യ ഉത്പത്തി എന്ന് പറയുന്ന ആ ഒന്നുണ്ട് സർവസംസാരമോചനത്തിനും കാരണമായിരിക്കുന്ന ആത്മാനുഭവം അതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് ഓരോന്നും എന്താണ് അവിദ്യ ഈ മുമ്പ് പറഞ്ഞ ഉപനിഷാസ്ത്രാർത്ഥ ആലോചന പോലും ആ വിദ്യ ഒരു സംശയം ഏതിനനപേക്ഷിച്ച് ഈ പരമാത്മ ഏകത്വ വിദ്യ ഉത്പത്തി അപേക്ഷിച്ച് ബാക്കിയല്ല വിദ്യ അതങ്ങനെയാകാനേ വഴിയുമുള്ള എന്താണ് അവിദ്യാമയമായ മനസ്സുകൊണ്ട് അവിദ്യാസൃഷ്ടമായ കരണങ്ങൾ ഉപയോഗിച്ച് അവിദ്യാകാര്യമായ വേദത്തെ ആശ്രയിച്ച് അവിദ്യാത്മകമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ വിചാരമെന്ന് പറയുന്നത് അതങ്ങനെ വിദ്യയാകും അതല്ല പരമാർത്ഥ വിദ്യ അത് പരമാത്മനേകത്വ വിദ്യോത്പത്തിയാണ് അതുവരെയുള്ള സർവതും അവിദ്യാമയമാണ് മായാമയമാണ് എന്നുള്ളത് അദ്വൈതസമ്മതമാണ് അതുകൊണ്ട് പറയുന്നു പൂർവഭാവിനിയും അവിദ്യം അപേക്ഷ പശ്ചാത്തഭാവിനി ബ്രഹ്മവിദ്യ പക്ഷേ ആ വിദ്യയിൽ മുഖ്യമായിരിക്കുന്ന കർമ്മം എന്നുള്ളതാണ് അമൃത്വ സാധനം ഏകേന പുരുഷേന സമ്പദ്ധ്യമാന അവിദ്യ സമുച്ചയതേ പറയുന്നു ഇവിടെ പറയുക ഈ പരമാർത്ഥ വിജ്ഞാനത്തെ സർവത്തിനോട് സമുച്ചയിക്കുന്നു ഇതിന് സർവത്തിനോടും ബന്ധമുണ്ട് ഇതാണ് ശ്രുതിയുടെ ഒരു മുഖ്യമായ സിദ്ധാന്തം ഓരോ ഘട്ടങ്ങളിൽ ചിലതിനെ നിഷേധിക്കുകയും ചിലതിനെ സ്വീകരിക്കുകയും ചെയ്യുമെങ്കിലും ആത്യന്തികമായി പറഞ്ഞാൽ എന്താണോ ഇതിനുപൂർവ്വം വന്ന സർവത്തിനോടും ഇത് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏത് ഈ പരമാത്മീകത്വ വിദ്യ ഉത്പത്തി ആ നിന്ന് നോക്കുമ്പോൾ ഇതൊന്നും പരമാർത്ഥമല്ലെങ്കിലും ഇതെല്ലാം ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഈ വിദ്യ ഉത്പത്തിക്ക് അതാണ് അവിടെ സമുച്ചയം എന്ന് പറയുന്നത് ഒരു കാലത്തിൽ സംഭവിക്കുന്നില്ലെന്നേയുള്ളൂ പക്ഷെ ഒരു വ്യക്തിയിലല്ല സംഭവിക്കുന്നു അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആ വിദ്യയുടെ പോക്കെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു രാജപാതയല്ല അതിനകത്തെല്ലാം വരും കല്ലും മുള്ളും കുണ്ടും കുഴിയും എല്ലാം വരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈ പുരുഷനോട് ഇതിനെ സർവത്രിക നിശ്ചയിക്കും അദ്വൈതത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഭാഗികമായിട്ട് മാത്രം മനസ്സിലാക്കരുത് കർമ്മത്യാഗം ജഗത്മിഥ്യ ഇത്തരത്തിൽ മാത്രം ഇത് മനസ്സിലാക്കരുത് പരമാവദ്ധമാണ് ഇവിടെ ഭാഷകാരൻ വളരെ വ്യക്തമായി ക്രമമായി ഓരോന്നിനെയും അവതരിപ്പിച്ച് പറയുകയാണ് പുരുഷേന സമ്പദ്ധ്യമാനാണ് ഇതെല്ലാം പുരുഷനുമായി ബന്ധപ്പെടുന്നതാണ് അല്ല ബ്രഹ്മസത്യം ജഗത് മിഥ്യം മാത്രമല്ല അത് മാത്രമല്ല അദ്വീതം എന്ന് പറയുന്നു അങ്ങനെ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഇരിപ്പുണ്ടെങ്കിൽ അതിനെ കളയും ഒരാൾക്ക് തോന്നുകയാണ് ഈ കർമ്മം തടസ്സമാണ് എന്നൊരാൾക്ക് തോന്നുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അത് ഏത് നിലയിലാണ് തോന്നുന്നത് കാരണം ഇവിടെ പറയുന്ന എന്താണ് അജാതിയെക്കുറിച്ച് പറയുക ഈ പ്രപഞ്ച ഉത്പന്നമയമായിട്ടുള്ള പറയുകയാണ് പ്രപഞ്ച ഉത്പത്തിനെ നിഷേധിക്കുകയാണ് അതിൻ്റെ ഒരു സൂക്ഷ്മമായ അർത്ഥത്തിൽ അവിടെ തന്നെ പറയുന്ന എന്താണ് ഓരോന്നിന്റെയും സാങ്കത്യം ലൗകികമായ കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ വൈദികത്തിലേക്ക് പോകുന്നു എങ്ങനെ ഉപാസനയിലേക്ക് പോകുന്നു എങ്ങനെ സത്കർമ്മങ്ങളിലേക്ക് പോകുന്നു എങ്ങനെ മറ്റ് സതുപാസനകളിലേക്ക് പോകുന്നു എങ്ങനെ ഉപനിഷത്ത് വിചാരത്തിലേക്ക് പോകുന്നു ഒരുവൻ ഇതിലൂടെ എല്ലാം കടന്നുപോയി അവസാനം ആത്മവിദ്യ ഉത്പത്തിയിൽ എത്തിച്ചു തരുമ്പോൾ ഇതിനെല്ലാം ഇതിനോട് സംശ്ചയിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ ഇതൊന്നും ഇതിന് തടസ്സമായിരുന്നില്ല മുന്നോട്ട് പോകുന്നില്ല മറിച്ചതെല്ലാം കൂടെയാണ് ഇവനെ ഇവിടെ എത്തിച്ചത് അത് വേണ്ട രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തിയപ്പോൾ അത് എത്തിച്ചു തന്നു അതുകൊണ്ട് പുരുഷനെ സമ്പദ്ധ്യമാനാ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ പുരുഷനുമായി സംബന്ധമുണ്ട് ഇവിടെ എന്താണ് ആത്മവിദ്യക്ക് തടസ്സമായിരിക്കുന്നത് ആ ഇതിനെ ഒന്നും നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം തടസ്സമാണ് എന്ന് പറയാം ഇതിനെയെല്ലാം ശരിയായ രീതിയിലല്ല നമ്മൾ സമീപിക്കുന്നതെങ്കിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നെങ്കിൽ ഇത് ഓരോന്നും തടസ്സമാണ് മറിച്ചാണെങ്കിലോ ഇതെല്ലാം പുരുഷനോട് ദൃഢമായി ബന്ധമുള്ളതാണ് സമ്പദ്ധ്യമാന അവിദ്യയാ സമുച്ചയതേ പറയുന്നു ഈ പരമാത്മപ്രാപ്തി വരെയുള്ള കാര്യങ്ങൾ അവിദ്യയോട് സമുച്ചയിക്കുന്നതാണ് ആത്യന്തികമായി ചിന്തിച്ചാൽ ഒന്നും ഒന്നിനും എതിരല്ല എന്നല്ല അവിദ്യയെയും വിദ്യയോടുകൂടെ സമുച്ചയിക്കുകയാണ് അവിദ്യാകാര്യങ്ങളായ സർവവും വിദ്യ ഉത്പത്തിക്ക് കാരണമായതുകൊണ്ട് അവർ ഇവിടെ ആത്യന്തികമായിട്ട് എന്താണ് ഒന്നിനെ ഇവിടെ നിഷേധിക്കാനില്ല കർമ്മത്യാഗമെന്നും മറ്റും പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ കർമ്മത്തിന്റെ ത്യാഗം സംഭവിക്കുന്നുണ്ട് പക്ഷേ ആ കർമ്മത്തെ ത്യജിക്കുന്നത് എന്താണ് അത് സഹായിച്ച കർമ്മത്തെ ത്യജിക്കുന്നു ഉപകരിച്ച കർമ്മത്തെയാണ് ത്യജിക്കുന്നത് നമ്മൾ കർമ്മത്തെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നെങ്ങനെ നമ്മൾ വിദ്വേഷിക്കുന്ന കർമ്മത്തെയാണ് അതാണ് വ്യത്യാസം നമ്മളാദ്യം കർമ്മത്തെ ദേഷിക്കുന്നു പിന്നെ കർമ്മത്തെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് കർമ്മത്യാഗം എന്ന് വിചാരിക്കുന്നു അതാണ് സന്യാസം എന്ന് വിചാരിക്കുന്നു ഇവിടെ അങ്ങനെന്താ പറയുന്നു ആത്മവിദ്യയോട് സമുച്ഛയിച്ച കർമ്മത്തെയാണ് തിരിക്കുന്നത് അത് ആത്മവിദ്യയ്ക്ക് ഉപദ്രവിച്ചാണ് ദേശിക്കേണ്ട കാര്യമില്ല നിന്ദിക്കേണ്ട കാര്യമില്ല ഇവിടെ പല എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നതിന് എന്താണ് സംസ്കൃത ഭാഷയിൽ നിന്ദക്ക് നിഷേധമെന്നുള്ള അർത്ഥം ഉള്ളത് മലയാളത്തിലുള്ള അർത്ഥം നിന്ദാന്ന് നിഷേധം മലയാള അർത്ഥത്തെ അഗ്രഹിച്ചിട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്വേഷം എന്നുള്ള അർത്ഥം കൊടുത്ത് കർമ്മത്തെ വിദ്വേഷിക്കുന്നുള്ളൊരു ധാരണ എങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട് അദ്വൈതം വേദാന്തം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ നിഷേധിക്കുന്നു അങ്ങനെ ഒരാളുടെ മനസ്സിൽ കർമ്മത്തെക്കുറിച്ച് വിദ്വേഷം മനസ്സിൽ വരികയാണെങ്കിൽ ഒരിക്കലും അയാൾ കർമ്മത്യാഗത്തിനോ സന്യാസത്തിനോ അർഹനല്ല അദ്വൈതമെന്ന് മനസ്സിലായി കർമ്മത്തെന്നെന്തിക്കുന്നവൻ കർമ്മത്യാഗത്തിന് അർഹനട്ട അതുകൊണ്ടിവിടെ പറയുന്നു ഇത് അവിദ്യയോടെ സമുച്ചയിക്കുന്ന കാര്യമാണ് ക്രമമായിട്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഭാഷകാലം പറയുന്നത് അതോ അന്യാർത്ഥത്വാ അമൃതത്വ ബ്രഹ്മവിദ്യ അപേക്ഷ നിന്ദാർത്ഥ ഏവഭവതി സംഭൂത്യപവാദ അതും അന്യാർത്ഥത്വ ഇവിടെ നിന്ദിക്കുന്നത് നിഷേധമെന്നുള്ള അർത്ഥമാണ് ഇത്തരം വാക്കുകളാണ് നമുക്കെപ്പോഴും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവിടെ കാര്യത്തെ നിഷേധിക്കുന്നു നിന്ദിക്കുന്നു എന്നുവെച്ചാൽ നിഷേധിക്കുന്നു അന്യാർത്ഥത്വ അത് അമൃതത്വ സാധനം ഇതെല്ലാം അമൃതത്വ സാധനമാണ് ബ്രഹ്മവിദ്യ ആ ബ്രഹ്മവിദ്യ അപേക്ഷിച്ച് അതിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ നിഷേധിക്കുകയാണ് നിന്ദാർത്ഥം എന്ന് വെച്ചാൽ നിഷേധാർത്ഥം ഏവഭവതി സംഭൂത്യപവാദ അങ്ങനെ സംഭൂതിയെ നിഷേധിക്കുന്നത് അപവദിക്കുക എന്ന് വെച്ചാൽ അതാണ് അപവാദം എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താണർത്ഥം കുറ്റം പറയുക സംസ്കൃതത്തിൽ എന്താണർത്ഥം അപവദിക്കുക എന്ന് വെച്ചാൽ നിഷേധിക്കുക എന്നാണ് പക്ഷെ അപവാദം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ വരുന്ന അർത്ഥം വേറെ എന്നാണ് അത് ഈ നിന്ദ എന്ന് പറയുന്ന ശബ്ദം പോലെ തന്നെ നിന്ദ എന്നുള്ള അർത്ഥം നമ്മള് ധരിക്കുന്ന അർത്ഥത്തിലും നിന്ദ ഉപയോഗിക്കാറുള്ളു ആ അർത്ഥമുണ്ട് പക്ഷെ നിഷേധാർത്ഥത്തിലാണ് ഈ പ്രകടനത്തിലെല്ലാം ഉപയോഗിക്കുന്നത് അതുകൊണ്ടത് നിഷേധിക്കുന്നത് ബ്രഹ്മവിദ്യ അപേക്ഷിച്ചാണ് ഇവിടെ പറഞ്ഞ ബ്രഹ്മവിദ്യാപ്രാപ്തി അവിടെ ഇതിനൊന്നും നിലനിർത്താൻ കഴിയത്തില്ല അവിടെ ഇതിനൊന്നും സംശയിക്കേണ്ട ആവശ്യം കാരണം അതെല്ലാം മുമ്പ് കൊണ്ട് തന്നെ അത് ഉപകാരപ്പെട്ട് കഴിഞ്ഞതാണ് പിന്നെ അതിനെ നിലനിർത്തേണ്ട ആവശ്യമില്ല അശുദ്ധി വിയോഗേതു അതനിഷ്ഠത്വ ഇതെല്ലാം തന്ന അശുദ്ധി വിയോഗത്തിന് ഹേതുവാണ് കർമ്മങ്ങളും ഉപാസനങ്ങളും എല്ലാം അശുദ്ധി വിയോഗം ആ പുരുഷന്റെ ചിത്ത സംസ്കാരം അതുകൊണ്ട് ബ്രഹ്മവിദ്യയെ ബോധിപ്പിക്കുന്നിടത്ത് ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു പക്ഷെ ആത്യന്തികമായി ഫലത്തിൽ നിഷേധം തന്നെയാണ് ആ നിഷേധം നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് പരമാർത്ഥമല്ല സൃഷ്ടി പരമാർത്ഥമല്ല എന്ന് മനസ്സിലാക്കാം അതേവ സംഭൂതിരപവാദ സംഭൂതി അപേക്ഷികമേവ സത്വവിധി അതുകൊണ്ട് എന്താണ് പറയുന്നത് സംഭൂതിയെ നിഷേധിക്കുന്നു തുടർന്ന് സംഭവത്തെ നിഷേധിക്കുന്നു സൃഷ്ടിയെ നിഷേധിക്കുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഉണ്മ അത് ആപേക്ഷികമാണ് എന്നർത്ഥം ആപേക്ഷികം എന്ന് പറയുന്നതിന് വളരെ അർത്ഥമുള്ളതാണ് ആപേക്ഷികം എന്ന് പറഞ്ഞാൽ എന്താ തന്നെ അർത്ഥം നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒരു പരിധിവരെ ഇതിൻ്റെ ഉണ്മയെ നമുക്ക് അംഗീകരിച്ചേ മതിയാവും അത് അംഗീകരിക്കാതല്ല അതിനെ നിഷേധിക്കുന്നു ആത്യന്തികമായി നിഷേധിക്കുകയും ആപേക്ഷികമായി സ്വീകരിക്കുകയും ചെയ്യുന്നു ആത്യന്തികമായി നിഷേധിക്കുമ്പോൾ ഇതിനാപേക്ഷികമായി സ്വീകരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എന്നാ പറയുന്നു എങ്ങനെ പറയുന്നു പ്രപഞ്ചം എന്ന് പറയുന്നു പറയാൻ വളരെ എളുപ്പം ഒറ്റ ബാക്കി പറയാം പക്ഷേ അതൊരു സമ്പൂർണ്ണ നിഷേധമല്ല അവിടെ എന്ത് ചെയ്യുന്നു അപേക്ഷിയവുമായി പ്രപഞ്ചത്തെ സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കാൻ നിർബന്ധിതനായിത്തീരുന്നതുകൊണ്ട് അങ്ങനെ ഈ പ്രപഞ്ചത്തെ സ്വീകരിക്കാതെ ഈ പ്രപഞ്ചം മിഥിയാണെന്ന് പറയാൻ കഴിയത്തില്ല കാരണം ഈ പ്രപഞ്ചം മിഥിയാണെന്നൊരാളെ ബോധിപ്പിക്കണമെങ്കിൽ പ്രപഞ്ചം വേണം പ്രപഞ്ചത്തെ ആശ്രയിച്ചേ പറ്റും പ്രപഞ്ചത്തിന്റെ ഭാഗമായിരിക്കുന്ന മനസ്സുൾപ്പെടെയുള്ള സർവത്തിനെ ആശ്രയിച്ചേ പറ്റും അതുകൊണ്ടിവിടെ പറയുന്നതെന്താണോ സക്ഷേധിക്കുന്നത് ഒരാപേക്ഷികതയുണ്ട് ആപേക്ഷികതയെ അംഗീകരിച്ചു കൊണ്ട് വേണം ഈ നിഷേധത്തെ ഉൾക്കൊള്ളേണ്ടത് അല്ലാതെ നമ്മൾ വെറുതെ പറയുന്നതെന്താണോ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നുള്ളത് ധരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അസംബന്ധമാകും അങ്ങനെ അത് ധരിക്കരുതെന്നാണ് അതുകൊണ്ട് ഓരോ അവിടെ പറയുന്ന സൂക്ഷ്മതയോടെ അവധാനതയോടെ മനസ്സിലാക്കേണ്ട പല വാക്കുകളെയും നമ്മൾ വിട്ടുകളയുന്നുകൊണ്ടാണ് ഈ അദ്വൈതത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും ഉണ്ടാവുന്നത് ഒരു ഒഴുക്കം മട്ടിൽ വായിച്ച് മനസ്സിലാക്കും അതാ സംഭവിക്കുന്നു പരമാർത്ഥ ആത്മീയത്വ അപേക്ഷ അനിർദാഖ്യ സംഭവ പ്രതിസേ വീണ്ടും അതിനെ പറയുന്നു പരമാർത്ഥത്തിലുള്ള ആ സത്തായിരിക്കുന്ന ആത്മീകത്വത്തിനെ അപേക്ഷിച്ചിട്ട് പറയുകയാണ് സാപേക്ഷമായി പറയുകയാണ് അനിർദാഖ്യ സംഭവ സർവസൃഷ്ടി അങ്ങനെ നിഷേധിക്കുകയാണ് അതിന്റെ ആ സാപേക്ഷതയെ മനസ്സിലാക്കാതെ നിരപേക്ഷമായ ഒരു നിഷേധമാണെന്ന് കരുതിയാൽ അദ്വൈത തത്വം നമുക്ക് പിടികിട്ടാകുന്നു അനുഷേധം പരമാർത്ഥത്തിലാണ് നിൽക്കുന്നത് ഇന്നത്തെ നമ്മുടെ അനുഭവത്തിലല്ല എന്ന് വ്യക്തമായി ധരിച്ചില്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ തലതിരിഞ്ഞായിരിക്കും മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ജഗൻ മിഥ്യ എന്ന് പറയുന്നതിന് വാസ്തവത്തിന് നമുക്ക് യാതൊരു അവകാശവും അങ്ങനെ സ്വയം പറയാനോ പറയാനോ നമുക്ക് അവകാശം എന്തുകൊണ്ട് അതാ പാരമാർത്ഥികമായ തലത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു അനുഭൂതിയാണ് അതിന് വെറും വാക്കുകൊണ്ട് അത് മിഥ്യയാണ് ഈ സാപേക്ഷികതയെ ഉൾക്കൊള്ളാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരമാബദ്ധമാണ് തെളിച്ചു പറഞ്ഞാൽ ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ കൊള്ളാമെന്നുള്ളൊരു കാര്യമേയാണ് സ്വാമിമാരെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഇനി ആർക്കെങ്കിലും മനസ്സിലായാൽ അത് തലതിരിച്ചായിരിക്കും മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം എന്തിനാ അമ്പലമൈതാനത്ത് നിന്ന് പ്രസംഗിക്കുന്നത് അതിന്റെ കാര്യമില്ല അങ്ങനെ പറയാനുള്ളതല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ശൂദ്രന്മാരെ കേൾപ്പിക്കരുത് കേട്ടുകഴിഞ്ഞാൽ അവന് തലതിരിച്ചേ മനസ്സിലാക്കത്തുള്ളൂ അതിന്റെ മറ്റൊരു താല്പര്യം ഇതാണ് കാരണം ഇതിന്റെ സൂക്ഷ്മത അത് ഗ്രഹിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ഭാഷ്യക്കാരൻ അതിനെ പറയുമ്പോൾ വളരെ സൂക്ഷ്മമായി തന്നെ യാതൊരു അർത്ഥശങ്കയ്ക്ക് ഇടവരാത്ത രീതിയിൽ തന്നെ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് തീറ്റയായി പോകുന്നത് അങ്ങോട്ടിവിടെ പറഞ്ഞു വരുന്നത് ആ സംഭവം കാര്യത്തെ എങ്ങനെ നിഷേധിക്കുന്നു എന്നാണ് അത് ആപേക്ഷികമായി നിഷേധിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് സംഭവത്തെ സംഭവപ്രതിഷിദ്ധ്യത കൊന്മേണം ജനയേതി കാരണം പ്രതിഷിധ്യത്തെ